െ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചിതമായ സങ്കീർത്തനത്തിലെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യം ബാലസംഹങ്ങളും ഇര കിട്ടാതെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല അതുപോലെ നൂറ്റി പത്താം സങ്കീർ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലും അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും രണ്ട് സങ്കീർത്തനത്തിലും ഒരു നന്മയ്ക്കും കുറവില്ല വിശപ്പുള്ളവനെ നന്മ നിറയ്ക്കും ബാലസുഖങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുകയോ ഹോവി അന്വേഷിക്കുന്നവർക്കാണ് അന്വേഷിക്കുന്നവർക്കാണ് നന്മയ്ക്ക് കുറവില്ലാതിരിക്കുന്നത് ആർത്തിയുള്ളവനാണ് അവിടുന്ന് തൃപ്തി വരുത്തുന്നുള്ള വരുത്തുന്നത് വിശപ്പുള്ളവനെയാണ് നന്മ നിറയ്ക്കുന്നത് നമ്മളിന്ന് കടന്നു പോകുന്ന ഈ പ്രത്യേക കാലഘട്ടം അതിനെ ഇതിനു മുമ്പില്ലാത്ത നിലയിൽ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തെ പലരും നോഹയുടെ കാലത്തോടെ താരതമ്യപ്പെടുത്താറുണ്ട് നോഹയുടെ കാലം കഴിഞ്ഞതിന് ശേഷം നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം പിന്നീട് ലോകത്തെ മുഴുവൻ ബാധിച്ച ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നോഹയുടെ കാലത്തെ ലോകത്തെ മുഴുവൻ ബാധിച്ച ജലപ്രളയത്തിന് ശേഷം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിച്ച മറ്റൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിനെ നോഹയുടെ കാലത്തെ ജലപ്രളയത്തോടാണ് ചിലർ താരതമ്യം ചെയ്യുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഒരു പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കിപ്പോൾ വേണ്ട നന്മ നമുക്കിപ്പോൾ വേണ്ട നന്മ എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളെ ഏഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുമെന്നും ഒക്കെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം അതുകൊണ്ട് നമുക്ക് ഈ പ്രത്യേക ഭയത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തര തരുന്ന നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ നന്മയ്ക്കായിട്ട് നമുക്കൊരു അന്വേഷണവും അതിനായിട്ടൊരു വിശപ്പും അതിനായിട്ടൊരാർത്തിയും ഉള്ളവരായിട്ട് നമുക്കായിരിക്കാം ബൈബിളിലെ രണ്ട് വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിന്റെ പതിമൂന്നും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നന്മയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് കണ്ടെത്താവുന്ന രണ്ട് വാക്യങ്ങളാണത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ ർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും ഇതേ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിന്റെ പതിമൂന്നിലെടുത്ത് പറയുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്നാണ് അപ്പൊ മത്തായി പറയുന്നു നന്മ കൊടുക്കുമെന്ന് പറയുന്നു അതേ കാര്യത്തെ ലൂക്കോസ് വിശദമാക്കുമ്പോൾ നന്മ എന്നുള്ള വാക്ക് മാറ്റി അവിടെ പരിശുദ്ധാത്മാവ് എന്ന വാക്കു വഹിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള നന്മ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് ഈ രണ്ട് വാക്യങ്ങളെ താരതമ്യം ചെയ്ത് കണ്ടെത്താനായിട്ട് കഴിയും ദൈവം നമുക്കൊരു നന്മയ്ക്ക് കുറവ് വരുത്തുകയില്ല വിശപ്പുള്ളവരെ നന്മ കൊണ്ട് നിറയ്ക്കും എന്നൊക്കെ ഈ നോഹയുടെ കാലം പോലെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അതിൻ്റെ ആ നിലയിലുള്ള സഹായങ്ങൾക്ക് വേണ്ടി നമുക്കും ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പലർക്കും വ്യത്യസ്തമായ ചിന്തകളും പലർക്കും ഒരു വ്യക്തത കുറവും പരിശുദ്ധാത്മാവ് ഒരു ആളത്വമാണ് തൃത്വത്തിൽ മൂന്നാമനാണ് അവിടുന്ന് പരിശുദ്ധാത്മാവ് വിചാരപ്പെടുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു ആളത്വത്തിനു വേണ്ട എല്ലാ പ്രത്യേകതകളും പരിശുദ്ധാത്മാവിനുമുണ്ട് അല്ലാതെ അത് കേവലം ഒരു ശക്തി മാത്രമല്ല അതൊരു ആളത്വമാണ് അങ്ങനെയുള്ള തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവായ യേശു കാര്യസ്ഥനായിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് താനെ കടന്നു പോയത് നമ്മൾ വായിക്കാറുണ്ടല്ലോ ഈ യോഹനാന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലാണ് കർത്താവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല നിങ്ങൾ വിഷമിക്കണ്ട കർത്താവ് കടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഇനിയും തങ്ങളുടെ കാര്യം എങ്ങനെയാകും എന്നതിനെ വലിയ പരിഭ്രാന്തി ഉണ്ടായി എന്താ ഞങ്ങള് അനാഥരായി പോവുകയാണോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടായി അപ്പോൾ കർത്താവ് ആ നാ മൂന്നദ്ധ്യായങ്ങളിലായിട്ട് യോഹനാൻ്റെ സുശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലായിട്ട് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾ ഭയപ്പെടണ്ട ഞാൻ പോയാലേ പകരം ഒരു കാര്യസ്ഥനെ എനിക്ക് പകരം നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് വേണ്ടി എന്ന് പറഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ ധാരാളം കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ കടന്നു ഇന്നത്തെ പ്രയാസമുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിന്റെ നമ്മിലുള്ള പ്രവൃത്തികള് ഏർ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കടന്നു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മോട് കൂടെ വസിക്കുന്നവനാണ് നമ്മെ പല കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മളെ എടുത്ത് ഓർമ്മപ്പെടുത്തുന്നവനാണ് അവിടുന്ന് അവിടുന്ന് വേണ്ട സമയത്ത് നമുക്ക് ഈ നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഉപദേശം നൽകുന്നവനാണ് അതുപോലെ എല്ലാ സത്യത്തിലും സത്യമെന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിയിലും നമ്മളെ വഴി നടത്തുന്നവനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരും നമുക്ക് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള ശക്തി തരും ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ ആ നിലയിലുള്ള ഒരു വർത്തമാനമായ പ്രവർത്തനം നമുക്ക് ഒരു ഏഴ് കാര്യങ്ങൾ കൊണ്ടെങ്കിലും നമുക്ക് ആവശ്യമാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമുക്കൊരു സഹായം ആവശ്യമാണ് കർത്താവില്ല അക്ഷരാർത്ഥത്തിൽ ഇന്ന് കർത്താവ് നമ്മുടെ കൂടെ കാണാവുന്നത് ഇല്ല തൻ്റെ ശിഷ്യന്മാരെ സഹായിക്കാൻ ആരാ ഉള്ളത് ഓ ആശ്വാസപ്രദനായ അതുപോലെ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ടുള്ള നമ്മളെ സഹായിക്കുന്ന ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ് നമുക്ക് സഹായകമായിട്ട് ഇന്നുള്ളത് പ്രിയപ്പെട്ട ഒരു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹനാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനാറിലും പതിനാലിൻ്റെ ഇരുപത്തിയാറിലും പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിലും പതിനാറിൻ്റെ ഏഴിലുമൊക്കെ യേശു ക്രിസ്തു ആവർത്തിച്ച് പറയുന്നത് കാര്യസ്ഥൻ എന്ന വാക്കാണ് കംഫർട്ട് നമ്മളെ ഗ്രീക്കില് ആ വാക്ക് നോക്കുമ്പോൾ അതിന് രണ്ടർത്ഥമാണുള്ളത് കാര്യസ്ഥൻ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് ഗ്രീക്കിൽ രണ്ടർത്ഥമാണുള്ളത് ഒന്ന് ആശ്വാസപ്രദൻ രണ്ട് അഡ്വക്കേറ്റ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടി ആ അഡ്വക്കേറ്റായിട്ട് അവിടെ നിൽക്കും നമ്മളെ സഹായിക്കും നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കും അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കിന്ന് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്കിന്ന് നന്മ എത്രയധികം വേണം പരിശുദ്ധാത്മാവിനെ എത്രയധികം വേണം പരിശുദ്ധാത്മാവ് സഹായിയാണ് ആ സഹായം നമുക്ക് വേണം രണ്ടാമത് പരിശുദ്ധാത്മാവ് നൽകുന്നത് നമ്മോട് കൂടെ വസിക്കും എന്നാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ട് പോകുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനേഴ് പതിനെട്ട് ഇരുപത്തി വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം വസിക്കും കൂടെ വസിക്കും നമുക്കൊരു കമ്പാനിയനായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല ആളുകൾ ഇന്നൊരു പേടിയിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് പേടിക്കണ്ട കാരണം നമ്മുടെ കൂടെ കൂട്ടിനൊരാളുണ്ട് ആ കൂട്ടിനുള്ള ആള് ആശ്വാസപ്രദനാണ് മൂന്നാമത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം അവിടുന്ന് പലതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തും ഓർമ്മപ്പെടുത്തും ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നവനാണല്ലോ പരിശുദ്ധാത്മാവ് യോഹനാന്റെ സുവിശേഷം പതിനാറിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ എന്തിനെ കുറിച്ചാണ് ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് നമ്മളെ പല കാര്യങ്ങളും ഓർമ്മ ഓർമ്മപ്പെടുത്തും ചില സാഹചര്യത്തിൽ എങ്ങനെയാ പെരുമാറേണ്ടത് നമുക്കൊരു വ്യക്തതയില്ല അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പെരുമാറിയ ഒരു സാഹചര്യം എടുത്ത് കാണിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തും യോഹനാന്റെ സുശേഷം പതിനാറിന്റെ പതിമൂന്ന് മുതലേ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹനാന്റെ സുശേഷം പതിനാലിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും എന്ന് പറയുന്ന കാര്യമാണ് നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ഉപദേശം നൽകും യോഹനാന്റെ സുവിശേഷം പതിനാലിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരും കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരും നമുക്കിന്ന് ആവശ്യം പല കാര്യത്തിലും ഒരു ഉപദേശമാണ് അത് പരിശുദ്ധാത്മാവ് തരും പല കാര്യത്തിലും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ആവശ്യം അത് പരിശുദ്ധാത്മാവ് നൽകും നമ്മുടെ കൂടെ വസിക്കുന്ന കൂടെ നടക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവ് അതാണ് നമുക്കൊരു സഹായമാണ് ആവശ്യം പരിശുദ്ധാത്മാവ് സഹായിയായിട്ട് നമ്മോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ആ നിലയിലെല്ലാം നമുക്ക് സഹായിയാണ് നമ്മെ കൂടവസിക്കുന്നവനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നവനാണ് നമുക്ക് ഉപദേശം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അഞ്ചാമത്തെ ഉദവിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുന്ന് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങളെ സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് വഴി സത്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബൈബിളിലെ സത്യങ്ങൾ മാത്രമല്ല ആ സത്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ച് റിയാലിറ്റിയെക്കുറിച്ചും നമ്മളെ ആ പരിശുദ്ധാത്മാവ് ആ വഴികളിലെ നടത്തുന്നവനാണ് എന്നാണ് യോഹനാൻ പതിനാറിൻ്റെ പതിമൂന്നിൽ നിന്ന് നമുക്കെടുക്കാവുന്നത് നമുക്ക് പലപ്പോഴും ദൈവവചനത്തിൽ ധാരാളം സത്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഇതിനെയൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കി മാറ്റേണ്ടത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ആ യാഥാർത്ഥ്യത്തിൽ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നവനാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരും നമുക്ക് പരിചിതമായ റോമർ അഞ്ചിന്റെ അഞ്ച് ആ ഉറപ്പാണല്ലോ നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ അത് നമുക്ക് വലിയ ഉറപ്പ് തരും നമുക്ക് സ്നേഹം കുറവാണെങ്കിൽ ആ സ്നേഹം നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവ് ഏഴാമത് കർത്താവായ യേശു കടന്നു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് ആ പരിശുദ്ധാത്മാവ് വരുന്നു എന്നെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ അപ്പോ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് അപ്പൊ പരിശുദ്ധാത്മാവ് ശക്തി തരുന്നവനാണ് എന്തിനാണ് ശക്തി തരുന്നത് നമുക്ക് സാക്ഷിയാകാൻ സാക്ഷി എന്ന് പറയുമ്പോ കേവലം വാക്കുകൊണ്ടുള്ള സാക്ഷി മാത്രമല്ല ജീവിതം കൊണ്ടും കർത്താവിന്റെ സാക്ഷിയാകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും അപ്പോൾ കണ്ടോ നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ആ ഒരു അനുഭവം നമുക്ക് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ആവശ്യമാണ് അതിന്റെ കാരണം അത് നമുക്ക് ഏഴു കൂട്ടം സഹായങ്ങൾ തരുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണ് നമ്മുടെ കമ്പാനിയനാണ് കൂടെ വസിക്കുന്നവനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നവനാണ് നമുക്ക് ഉപദേശം നൽകുന്നവനാണ് നമ്മളെ യാഥാർത്ഥ്യത്തിൽ വഴി നടത്തുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം പകരുന്നവനാണ് നമുക്ക് ജീ ജീവിതത്തിലും വാക്കിലും കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള ധൈര്യം ശക്തി നൽകുന്നവനാണ് പാപത്തിന്റെ മേലുള്ള ജയം പല കാര്യങ്ങളിൽ നമുക്ക് ശക്തി നൽകുന്നവനാണ് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ ഒരു ഏഴുകൂട്ടം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രയോജനങ്ങളായിട്ട് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇത് എത്രത്തോളം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായിട്ട് ആയിത്തീർന്ന ആളുകളാണ് സഭയിലുള്ളവർ അപ്പോൾ നമ്മിലൊക്കെ പരിശുദ്ധാത്മാവില്ലേ പരിശുദ്ധാത്മാവിന്റെ വർധമാനമായ പ്രവർത്തനം വർദ്ധിച്ച പ്രവർത്തനം എന്ന് പറയുമ്പോഴൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെ ക്രിസ്തീയ ലോകത്ത് വളരെ വ്യത്യസ്തമായ ഉപദേശങ്ങളും പരസ്പര വിരുദ്ധമായ ചിന്താഗതികളുമൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ലെങ്കിലും വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ അങ്ങ് പറയാം രക്ഷിക്കപ്പെടുന്ന ഒരാള് അയാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് ഗലാത്തിർ കഴിഞ്ഞ ലേഖന അതിൻ്റെ ആറാമത്തെ വാക്യം മക്കളാകൊണ്ട് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് അപ്പം നമ്മൾ മക്കളാകുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നമുക്കറിയാവുന്ന വാക്യമാണ് രക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ് മക്കളാകുന്നതാണ് അങ്ങനെ മക്കളാകൊണ്ട് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്ക് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല ഏഹ് നമ്മൾ ഒന്നുകൂരിന്തീർ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനാലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയുകയില്ല അപ്പോൾ ഒരു ഭാവിയായ ഒരുവൻ രക്ഷയുടെ സന്ദേശം കേൾക്കുന്നു ആ രക്ഷയുടെ സന്ദേശം അവൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നതും അവനിൽ പ്രവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ് നമ്മള് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുന്നു അപ്പൊ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ട് അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് വിളിപ്പാനായിട്ട് കഴിയില്ല റോമർ എട്ടിൻ്റെ ഒൻപത് പതിനാല് പതിനാറ് വാക്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ മക്കളിൽ വസിക്കുന്നു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല അപ്പൊ ദൈവത്തിൻ്റെ മക്കളായാൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ എന്തുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ വരികയും നമ്മുടെ ആത്മാവിൽ ആ നിലയിൽ വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ വർധിച്ച ഒരു അനുഭവം നമ്മൾ പ്രാപിക്കണം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ്സില് ഒരു അല്പം വെള്ളമുള്ളതും അതിൽ പിന്നെയും നമ്മൾ വെള്ളം പകർന്നുകൊണ്ടിരുന്നാൽ ആ ഗ്ലാസ്സിലെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതും രണ്ടും രണ്ടനുഭവമാണ് ഒന്നാമത് പറഞ്ഞത് ഗ്ലാസ് ഒരു ഗ്ലാസ് അതിലെ വെള്ളമുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനെ ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താം എന്നാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത് അതുകൊണ്ട് തൃപ്തിപ്പെടരുത് പരിശുദ്ധാത്മാവിൻ്റെ വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ വാഞ്ചിക്കണം അതിനായിട്ട് ചോദിക്കണം അങ്ങനെ ചെയ്താൽ ആ വലിയൊരു നിറവ് നമുക്ക് തരും കർത്താവ് ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും ആ ഗ്ലാസ്സിൽ വീണ്ടും വെള്ളം ഒഴിച്ചു ആ വെള്ളം ആ ഗ്ലാസ്സിനെ നിറഞ്ഞ് കവിയുന്നത് ഒരു അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൻ്റെ ഒരു അനുഭവം അങ്ങനെ ഒരു രണ്ടാമത് അനുഭവം വിശ്വാസികൾക്കുണ്ട് പുതിയ നിയമത്തിലെ ധാരാളം വചനങ്ങളിൽ നിന്ന് നമ്മളതാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ് കവിയുന്ന ഒരനുഭവമുണ്ട് അങ്ങനെ നിറഞ്ഞ് കവിയുന്ന ആദ്യത്തെ അനുഭവത്തിനെയാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പിന്നീട് അനുഭവം ആവർത്തിക്കുമ്പോൾ പിന്നെ അതിനെ പരിശുദ്ധാത്മ സ്നാനം എന്നല്ല പറയേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നിറവ് എന്നാണ് പറയേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വാസം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനല്ലാതെ ഒരാൾക്ക് യേശുവിനെ കർത്താവ് എന്ന് പറയാനായിട്ട് കഴിയില്ല അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ മക്കളുടെ എല്ലാ ഹൃദയത്തിൽ കർത്താ ദൈവം പകർന്നിട്ടുണ്ട് രക്ഷയില് പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ നമ്മളെ ശക്തിപ്പെടുത്തുന്ന സ്നേഹം തരുന്ന യാഥാർത്ഥ്യത്തിൽ വഴി നടത്തുന്ന ഉപദേശം തരുന്ന ഓർമ്മപ്പെടുത്തുന്ന കൂട്ടായിട്ട് വസിക്കുന്ന സഹായം തരുന്ന പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ ചോദിക്കുകയും ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്താൽ ദൈവം അത് നമുക്ക് തരും ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് അങ്ങനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവം പകരുമ്പോൾ അത് നിറഞ്ഞു കവിയുന്ന ആത്മനിറവിൻ്റെ അങ്ങനെയുള്ള ആദ്യത്തെ അനുഭവത്തിനെയാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് അത് ആത്മനിറവിൻ്റെ ആദ്യ എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ പിന്നെയും തുടർന്നു ആത്മനിറവിൻ്റെ ഒരു ജീവിതത്തിൽ ജീവിക്കണം അങ്ങനെ പിന്നീട് തുടരുന്ന ആത്മനിറവിൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മ സ്നാനവും നല്ല പരിശുദ്ധാത്മാവ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ൈബിളിലെ പറയുന്നത് നമ്മൾ ചില പദപ്രയോഗങ്ങളുടെ പ്രത്യേകത ഇന്നത്തെ കാലത്ത് ഇതെല്ലാം തമ്മിൽ ചില കൺഫ്യൂഷനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പ്രിയപ്പെട്ടവര് രണ്ടായാലും നമുക്കാവശ്യം നമ്മൾ കേവലം രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അത് എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായിട്ട് വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ട് പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചിട്ടില്ലാത്തവർ പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ എന്നാൽ ഇപ്പോൾ ആത്മനിറവ് ആ നിലയില് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ അതിനായിട്ട് വീണ്ടും വീണ്ടും നിറയാനായിട്ട് ഒക്കെ വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മളായിരിക്കണം ഏതായാലും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ഈ പ്രത്യേകമായി ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീടുകളില് മറ്റേ ബാഹ്യ സമ്പർക്കമില്ലാതെ ഇരിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള ഈ ലോക്ക്ഡൗൺ പീരീഡിനെ പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അത് വലിയൊരു നന്മയാണ് അന്വേഷിക്കുന്നവർക്ക് ദൈവം നന്മ നൽകും ആ ദൈവം നന്മ നന്മ നൽകും യഥാർത്ഥത്തിലുള്ള നന്മ പരിശുദ്ധാത്മാവിൻ വർദ്ധിച്ച അനുഭവമാണ് അങ്ങനെ ഒരു നന്മയ്ക്കായിട്ട് ഈ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ നമുക്ക് ചു നമുക്ക് കർത്താവിനോട് ചോദിക്കുകയും ചെയ്യാം ആട്ടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി അല്ലെ പരിശുദ്ധാത്മാവിന്റെ വർധിച്ച ഒരു അനുഭവത്തിനായിട്ട് രക്ഷിക്കപ്പെട്ട ദൈ സ്നാനപ്പെട്ട ദൈവമക്കളായ ആളുകൾ ഈ കാര്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത് അതിനുള്ള ഒരു ഏഴ് കാര്യങ്ങളും വളരെ വേഗത്തിൽ നമുക്ക് ബൈബിളിൽ നിന്ന് നോക്കാം മറ്റേ അപ്പോസ്ല പ്രവൃത്തി രണ്ടാമത്തെയോ അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് ഞങ്ങൾ എന്ത് വേണം എന്ന് പെന്തക്കോസ് നാളിൽ ചോദിച്ചവരോട് പത്രോസ പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാൽമാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാൽമാവിൻ്റെ ദൃശ്യമായ കാണാവുന്ന ആ നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ കണ്ട് ഓടിക്കൂടി ഞങ്ങൾക്ക് ഇത് ലഭിക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചവരോടാണ് പത്രോസ് പറയുന്നത് നിങ്ങൾക്ക് ഈ നിലയിൽ ദൃശ്യമായ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഈ നിലയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്കുണ്ടാകണോ അതിന് ചില പടികൾ അപ്പോ അപ്പൊ രണ്ടെൻ്റെ പറയുന്നുണ്ട് ഒന്നാമതെന്താ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുക രക്ഷിക്കപ്പെടുക അതില്ലാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയില്ല നമ്മൾ പറഞ്ഞു രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു എന്നാൽ ആ മാനസാന്തരപ്പെട്ട അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് അത് ലഭിക്കുകയില്ല രണ്ടാമത് അവിടെ തന്നെ രണ്ടാമതൊരു പടി കാണുന്നു മാന നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുവനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി ആഗ്രഹിക്കേണ്ടത് ഈ പടികളിങ്ങനെ മാനസാന്തരം സ്നാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പരിശുദ്ധാത്മാവ് അതിന് കാറ്റ് ഇഷ്ടമുള്ള ഇടത്തേക്ക് കൂതുന്നു കർത്താവ് തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ചില രംഗങ്ങളിലെങ്കിലും ഈ സ്നാനപ്പെടാത്ത ആളുകളുടെ മേലും പകർന്നിട്ടുള്ള രംഗങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും കുറന്നല്യൂസിൻ്റെ ഭവനത്തില് അപ്പൂസപൂർവത്തി പത്താമധ്യായത്തിൽ അവിടെ ജാതികളുടെ ഇടയിൽ ഇത് പറയുമ്പോൾ അവരാരും അവരെ പത്രോസിൻ്റെ വചനം കേട്ട് ഹൃദയത്തിൽ ഇത് സ്വീകരിച്ചു അപ്പോൾ രക്ഷിക്കപ്പെട്ടു പക്ഷേ അവർ സ്നാനപ്പെട്ടവരായിരുന്നില്ല സ്നാനപ്പെട്ടവർ അവർക്ക് പരിശുദ്ധാൽമാവിൻ്റെ നിറവ് പരിശുദ്ധാൽ സ്നാനം അവർക്ക് ലഭിച്ചു തുടർന്നാണ് അപ്പോൾ സിലപ്പുറത്തി പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടോ വാക്യങ്ങളിൽ തുടർന്നാണ് അവരെ പത്രോസ് സ്നാനപ്പെടുത്തുന്നത് എന്ന് കാണാനായിട്ട് കഴിയും അപ്പോൾ എങ്കിലും അതൊരു എക്സെപ്ഷനാണ് സാധാരണ നിലയിൽ നമ്മൾ അപ്പോസ്ലപ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത് ഒന്ന് മാനസാന്തരപ്പെടുക സ്നാനപ്പെടുക എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം പരിശുദ്ധാത്മാവ സ്നാനം അതിൻ്റെ ആ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാവുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് പടികളെക്കുറിച്ച് പറഞ്ഞു മാനസാന്തരം രക്ഷ സ്നാനം അതുപോലെ അപ്പോസ്ലപ്പവൃത്തി അഞ്ചിൻ്റെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവം അതാർക്കാണ് നൽകുന്നത് അപ്പോൾ ചില ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് അതൊക്കെ ശരിയാണെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവില്ലാത്തതിന് കാരണം ആഹ് അല്ലെ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അനുഭവം നമുക്കിതേവരെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയാത്തതിന് കാരണം ഒരു നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതിരിക്കുന്നതാണോ ആ തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അനുസരണമാണ് ഒരു പടി വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എത്രയോ വാക്യങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നു യോഹനാൻ്റെ സുവിശേഷം ഏഴിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം യോഹനാൻ്റെ സുവിശേഷം ഏഴ് മുപ്പത്തിയൊൻപത് വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആ പരിശുദ്ധാൽമാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള ഒരു യോഗ്യതയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വിശ്വസിക്കുന്നവർക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തേയും അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ വിശ്വാസത്തോടെ യാചിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗലാത്തീർ കെഴുതിയിൽ അങ്ങനെ മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം എങ്ങനെ പ്രാപിക്കാൻ കഴിയും വിശ്വാസത്താലാണ് പ്രാപിപ്പാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടവർ ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവത്തിൽ ദൈവം ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് തരും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് തരും എന്ന് വിശ്വസിക്കുന്നവർ ഇവർക്കെല്ലാം ആണ് ദൈവം ഈ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അനുഭവം പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവം നൽകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തില് അതിൻ്റെ ആ ഒൻപത് പത്ത് പതിമൂന്ന് വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ മുമ്പേ ഈ വാക്യം ചിന്തിച്ചതാണ് മൊത്തം ഏഴു ദിവസുശേഷം ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തോടും ചേർത്ത് ഇത് ചിന്തിച്ചതാണ് അപ്പം നമുക്ക് അനുസരണം ഉണ്ടായാൽ പോരാ വിശ്വാസം ഉണ്ടായാൽ പോരാ നമ്മൾ അതിനായിട്ട് യാചിക്കണം യാചിക്കണം അതിനായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നതാണല്ലോ യാചന നമ്മൾ ചിലപ്പം ഒരിക്കലും ഒന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം തരണം പക്ഷെ അതല്ല നമ്മൾ അതിനായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെ നമ്മളിപ്പോൾ ചിന്തിച്ച ആ വാക്യത്തോട് ചേർത്ത കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അതായത് ഒരു സ്നേഹിതൻ തൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ചെന്ന് അപ്പത്തിനായിട്ട് മുട്ടുന്നു ആദ്യം ആ വീട്ടുകാരനെ എഴുന്നേറ്റ് കൊടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു എന്നാൽ അവൻ പിന്നെയും മുട്ടിക്കൊണ്ട് ആ സ്നേഹിതൻ എഴുന്നേറ്റ് അവന് വീണ്ടും നേടത്തോളം അപ്പം കൊടുത്തു എന്നെ കാണുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമധ്യായം ഒന്നിൻ്റെ എട്ടും ഒന്ന് പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും ഒരു വിധവയുടെ കാര്യവും ഈ നില നമ്മൾ കാണുന്നുണ്ട് ആ വിധവ വിധവയ്ക്ക് ന്യായാധിപൻ ന്യായം പാലിച്ചു കൊടുത്തത് ആ വിധവ നിരന്തരം ചെന്ന് ന്യായാധിപനെ മുട്ടിച്ചു ചോദിച്ചു അവൾ എന്നെ അതുകൊണ്ടാണ് അപ്പം യാചന എന്ന് പറയുന്ന ഒരു കാര്യം അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറാമതായിട്ട് ദാഹം ഉണ്ടാകണം യാചനയ്ക്കും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ദാഹം എന്ന് പറയുന്നത് ഏഹ് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ കുറച്ച് ദിവസം ജീവിക്കാം പക്ഷെ വെള്ളം കുടിക്കാതെ ജീവിക്കാനായിട്ട് ഒക്കെ അല്ല എന്ന് വെച്ചാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനായിട്ട് ആ നിലയിലുള്ള ഒരു ദാഹമുണ്ട ഉള്ളവർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് യോഹനൻ്റെ സുശേഷം ഏഴിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യശയ്യാവ് അമ്പത്തഞ്ചിൻ്റെ ഒന്ന് ദാഹിക്കുന്ന ഏവരും വെള്ളത്തിന് വരുവി എന്നാ പറഞ്ഞിരിക്കും യശയാവ് നാൽപ്പത്തി നാലിൻ്റെ മൂന്നാമത്തെ വാക്യം ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീർത്തോടും എന്ന് നമ്മളവിടെ കാണുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ആറിൽ നമ്മൾ കാണി കാണുന്നത് ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിയിൽ നിന്ന് കുടി കുടിപ്പാനായിട്ട് കൊടുക്കും വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ നമ്മൾ കാണുന്നത് ദാഹിക്കുന്നവൻ വരട്ടെ ജീവജല സൗജന്യമായിട്ട് കൈക്കൊള്ളട്ടെ അപ്പോൾ ദാഹം എന്ന് പറഞ്ഞതും ആവശ്യമാണ് നമ്മൾ പഴയ നിയമത്തിലെ ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ ഒരു പൂർണ്ണ പ്രതിഷ്ഠ ശേഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് തേജസ് ആ ദേവാലയത്തെ നിറച്ചത് എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം നാൽപ്പതിൻ്റെ മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വാക്യങ്ങളിൽ കാണാൻ കഴിയും മോശ തിരുനിവാസം പ്രതിഷ്ഠിച്ചു തിരുനിവാസത്തെ ആ നിലയിൽ പ്രതിഷ്ഠിച്ച് എല്ലാം പൂർത്തിയാക്കി സമാഗമന കൂടാരത്തെ ആ നിലയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അതിലിറങ്ങി വ വസിച്ചു അതെല്ലാവർക്കും കാണാവുന്നതായിരുന്നു അതിൻ്റെ തേജസ് നിമിത്തം മോശയ്ക്ക് അതിനുള്ളിൽ കടക്കാനായിട്ട് കഴിഞ്ഞില്ല ഇതേ കാര്യം തന്നെ രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഒന്ന രണ്ടോ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി കാണാവുന്ന നിലയിൽ വസിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മ പ്രാപിക്കാനുള്ള ഏഴ് പടികളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മാനസാന്തരം രണ്ട് സ്നാനം മൂന്ന് അനുസരണം നാല് വിശ്വാസം അഞ്ച് യാചന ആറ് ദാഹം ഏഴ് ഒരു പൂർണ്ണ പ്രതിഷ്ഠ നമ്മൾ ഈ ഏഴ് കൂട്ടം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം വേണം യാചന വേണം ദാഹം വേണം പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കണം അനുസരണം വേണം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരായിരിക്കണം ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ പ പരിശുദ്ധാത്മാവ് കാറ്റ് ഇഷ്ടമുള്ള വീശുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഏഴ് പടികളും കടന്ന് കഴിയുമ്പോൾ തരുമെന്നല്ല ദൈവമാണ് അതിനെ നൽകുന്നത് ദൈവത്തിൻ്റെ ഹിതം പോലെ അവിടെ നിന്ന് നൽകും എങ്കിലും ഇങ്ങനെ ഒരു ഏഴ് പടികളും നമുക്ക് എണ്ണിപ്പറയാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ ഈ കോവിഡ് കാലത്ത് നമ്മളെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ശക്തി നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ വേണ്ടതുപോലെ ദൈവ ഒരു ഉറപ്പില്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നമുക്ക് നടക്കാനായിട്ട് കഴിയുന്നില്ല നമുക്ക് പലപ്പോഴും ഒരു ഒരു പേടി വരുന്നു ഒരു കൂട്ടില്ല സഹായകനില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് സത്യത്തിൽ ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിനെയാണ് ആ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ വർത്തമാനമായ ഒരു അനുഭവത്തിൽ പ്രാപിപ്പാനായിട്ട് നമുക്ക് വാഞ്ചിക്കാം രക്ഷിക്കപ്പെട്ട എല്ലാവരും ആത്മനിറവിൻ്റെ ഒരു ജീവിതത്തിനായിട്ട് വാഞ്ചിക്കണം ആത്മനിറവിൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായ അടയാളത്തോടെ നമുക്ക് ലഭ്യമാകുന്ന ആദ്യത്തെ അനുഭവത്തിനെയാണ് പരിശുദ്ധാൽ സ്നാനമെന്ന് പറയുന്നത് അത് പ്രാപിച്ച ആളുകൾ ആത്മാവിൽ വീണ്ടും നിറഞ്ഞ് ജീവിക്കാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കണം ഇങ്ങനെ ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാൻ ചോദിക്കുന്നവരെ കർത്താവ് മറികടന്നു പോകുകയില്ല യാചിക്കുന്നവർക്ക് കർത്താവ് അതിനെ മറികടന്നു പോകാതെ നമ്മുടെ വിശ്വാസത്തെ അവിടുന്ന് മറികടന്നു പോകുകയില്ല നമ്മുടെ ദാഹത്തെ കണ്ടില്ലെന്ന് നടിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് അനുസരണത്തോടെ വിശ്വാസത്തോടെ യാചനയോടെ ദാഹത്തോടെ ഇങ്ങനെ ഒരു അനുഭവത്തിനായിട്ട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഈ പ്രയാസത്തിൻ്റെ ഒരു കാലം യഥാർത്ഥത്തിലുള്ള ഒരു നന്മ പ്രാപിപ്പാൻ നമുക്ക് പ്രയോജനമായിട്ടെടുക്കാം ദൈവം ഇതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു വാഞ്ചയും താല്പര്യവും ഇതിനായിട്ട് ദൈവം തരട്ടെ ദൈവ നാമം മഹത്തപ്പെടുവാനാകട്ടെ